യൂണിറ്റ് ഫൈവ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വർക്ക് എഴുതികൊണ്ടിരിക്കുന്നു ഇനിയും ഒരു പത്ത് പന്ത്രണ്ട് കണക്ക് കൂടിയുണ്ട് ചെയ്യാൻ അമ്മയ്ക്ക് എന്ത് വേണം കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ തൽക്കാലം ഒന്നും വേണ്ട നീ എഴുതിക്കോ പക്ഷേ റാണിയെ ഇങ്ങോട്ടയക്കി അത് കൊള്ളാം അമ്മ ഇത്ര വേഗം മറന്നു ചേച്ചി അപ്പോഴേ അമ്മയോട് ചോദിച്ചിട്ട് കുസുമയുടെ വീട്ടിൽ പോയില്ലേ രണ്ടുപേരും അവിടെ റേഡിയോ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നല്ല നാടകമുണ്ടത്രേ നാടകവും കൊള്ളാം പാട്ടും കൊള്ളാം ഭഗവാനെ ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ടോ വയസ്സ് പത്തു പതിനഞ്ചായി ഇനിയും വീട്ടുജോലിയൊന്നും അറിയാൻ പാടില്ല എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ചേർന്ന് കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിടെ ഇനി എങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവരാനാണ് ദൈവമേ എന്താ ശാരദെ വളരെ സങ്കടത്തോടെ പരാതി പറഞ്ഞു കൊണ്ടിരിക്കുന്നല്ലോ ആരെ പറ്റിയാണ് നിനക്ക് ഈ ദുഃഖം വേറെ ആരെ പറ്റിയുമല്ല നമ്മുടെ പുന്നാരമോളയെ കുറിച്ച് തന്നെ എന്റെ ഈ പരാതിയല്ല റാണിയെ കുറിച്ച് നീ ഒട്ടും സങ്കടപ്പെടേണ്ട ഒരു രണ്ടു മൂന്ന് വർഷം കൂടി കഴിയട്ടെ അവൾ മിടുക്കി നീ ഇങ്ങനെ അവളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് ഇന്നലെ രാത്രിയും നീ അവളെ ഒരു രണ്ടു മണിക്കൂറിൽ കൂടുതൽ വഴക്കു കുറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേ എനിക്കിത് നിന്നോട് പറയാൻ തോന്നി ഇതുതന്നെ എല്ലാ കുഴപ്പത്തിനും കാരണം അച്ഛൻ എപ്പോഴും മോളെ കൊഞ്ചിച്ചു പിന്നെ അവൾ എങ്ങനെ തറിയിൽ കൂടെ നടക്കും അങ്ങനെ വരട്ടെ അപ്പോ കുറ്റമൊക്കെ എന്റേതാണ് ശരിയല്ലേ സമ്മതിച്ചു എന്താ സന്തോഷമായോ ശാരീ തന്നെ ജയിച്ചോളൂ എനിക്ക് സന്തോഷവും ജയവും വേണ്ട ഇവിടത്തെ ജോലിയൊക്കെ തീർക്കാതെ എനിക്ക് ജയിക്കാനും സന്തോഷിക്കാനും സമയമുണ്ടോ രാവിലെ മുതൽ രാത്രി വരെ കഴുതിയെപ്പോലെ പണിയെടുത്തുകൊണ്ടിരിക്കണം ിസൺ റിപ്പീറ്റ് മോനെ വേണു നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു മോനെ വേണു നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു കളിച്ചോണ്ടിരിക്കുന്നു കളിച്ചോണ്ടിരിക്കുന്നു ഒന്നിങ്ങോട്ട് വാ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നില്ല ഞാൻ കളിച്ചോണ്ടിരിക്കുന്നില്ലമ്മ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഒരു പത്ത് പന്ത്രണ്ട് കണക്ക് കൂടിയുണ്ട് ചെയ്യാൻ ഇനിയും ഒരു പത്ത് പന്ത്രണ്ട് കണക്ക് കൂടിയുണ്ട് ചെയ്യാൻ അമ്മക്ക് എന്ത് വേണം അമ്മക്ക് എന്ത് വേണം കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണം കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ തൽക്കാലം ഒന്നും വേണ്ട തൽക്കാലം ഒന്നും വേണ്ട നീ എഴുതിക്കോ നീ എഴുതിക്കോ പക്ഷേ റാണിയെ ഇങ്ങോട്ടി പക്ഷേ റാണിയെ ഇങ്ങോട്ടയക്കി അത് കൊള്ളാം അമ്മ ഇത്ര വേഗം മറന്നു അമ്മ ഇത്ര വേഗം മറന്നു ചേച്ചി അപ്പോഴെ അമ്മയോട് ചോദിച്ചിട്ട് കുസുമയുടെ വീട്ടിൽ പോയില്ലേ ചേച്ചി അപ്പോഴെ അമ്മയോട് ചോദിച്ചിട്ട് കുസുമയുടെ വീട്ടിൽ പോയില്ലേ രണ്ടുപേരും അവിടെ റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും അവിടെ റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും നല്ല നാടകമുണ്ട് അത്ര ഇന്നും നല്ല നാടകമുണ്ട് അത്ര നാടകവും കൊള്ളാം പാട്ടും കൊള്ളാം ഭഗവാനെ ഇന്നത്തെ പെൺകുട്ടികളും ഉണ്ടോ ഭഗവാനെ ഇങ്ങനത്തെ പെൺകുട്ടികളുമുണ്ടോ വയസ് പത്തു പതിനഞ്ചായി വയസ്സു പത്തു പതിനഞ്ചായി ഇനിയും വീട്ടുജോലിന്നും അറിയാൻ പാടില്ല ഇനിയും വീട്ടുജോലിയൊന്നും അറിയാൻ പാടില്ല എപ്പോഴും കൂട്ടുകാരുടെ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ചേർന്ന് കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കണം കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കണം ഇവളെ ഇനി എങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവരാനാണ് ദൈവമേ ഇവളെ ഇനി എങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവരാനാണ് ദൈവമേ എന്താ ശാരദ വളരെ സങ്കടത്തോടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ എന്താ ശാരദെ വളരെ സങ്കടത്തോടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ ആരെ പറ്റിയാണ് നിനക്ക് ഈ ദുഃഖം ആരെ പറ്റിയാണ് വേറെ ആരെ പറ്റിയുമല്ല നമ്മുടെ പുന്നാരമോളയെ കുറിച്ച് തന്നെ നമ്മുടെ പുന്നാരമോളയെ കുറിച്ച് തന്നെ എന്റെ ഈ പരാതിയല്ല എന്റെ ഈ പരാതിയല്ല റാണിയെ കുറിച്ച് നീ ഒട്ടും സങ്കടപ്പെടണ്ട റാണിയെ കുറിച്ച് നീ ഒട്ടും സങ്കടപ്പെടണ്ട ഒരു രണ്ടു മൂന്ന് വർഷം കൂടി കഴിയട്ടെ ഒരു രണ്ടു മൂന്ന് വർഷം കൂടി കഴിയട്ടെ അവൾ മിടുക്കിയായിക്കൊള്ളും അവൾ മിടുക്കിയായിക്കൊള്ളും നീ ഇങ്ങനെ അവളെ എപ്പോഴും നീ ഇങ്ങനെ അവളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് ഇന്നലെ രാത്രിയും നീ അവളെ ഒരു രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഇന്നലെ രാത്രിയും നീ അവളെ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ുന്നു വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേ എനിക്കിത് നിന്നോട് പറയാൻ തോന്നി അപ്പോഴേ എനിക്കിത് നിന്നോട് പറയാൻ തോന്നി ഇതുതന്നെ എല്ലാ കുഴപ്പത്തിനും കാരണം ഇതുതന്നെ എല്ലാ കുഴപ്പത്തിനും കാരണം അച്ഛൻ എപ്പോഴും മോളെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കും അച്ഛൻ എപ്പോഴും മോളെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കും പിന്നെ അവൾ എങ്ങനെ തറയിൽ കൂടെ നടക്കും പിന്നെ അവൾ എങ്ങനെ തറയിൽ കൂടെ നടക്കും അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ അപ്പോ കുറ്റമൊക്കെ എന്റേതാണ് അപ്പോ കുറ്റമൊക്കെ എന്റേതാണ് ശരിയല്ലേ സമ്മതിച്ചു ശരിയല്ലേ സമ്മതിച്ചു എന്താ സന്തോഷമായോ എന്താ സന്തോഷമായോ ശാരെ നീ തന്നെ ജയിച്ചോളൂ ശാരദെ നീ തന്നെ ജയിച്ചോളൂ എനിക്ക് സന്തോഷവും ഇല്ല ജയവും വേണ്ട എനിക്ക് സന്തോഷവുമില്ല ജയവും വേണ്ട ഇവിടത്തെ ജോലിയൊക്കെ തീർക്കാതെ ഇവിടത്തെ ജോലിയൊക്കെ തീർക്കാതെ എനിക്ക് ജയിക്കാനും സന്തോഷിക്കാനും സമയമുണ്ടോ എനിക്ക് ജയിക്കാനും സന്തോഷിക്കാനും സമയമുണ്ടോ രാവിലെ മുതൽ രാത്രി വരെ കഴുതിയെ പോലെ രാവിലെ മുതൽ രാത്രി വരെ കഴുതിയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കണം പണിയെടുത്തുകൊണ്ടിരിക്കണം വേണു പന്ത് കളിച്ചു കൊണ്ടിരുന്നു വേണു പന്ത് കളിച്ചു കൊണ്ടിരുന്നു വേണു പന്ത് കളിച്ചുകൊണ്ടിരിക്കും വേണു പന്ത് കളിച്ചു വേണു പന്ത് കളിച്ചു വേണു പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്നില്ല വേണു പന്ത് കളിച്ചു കൊണ്ടിരുന്നില്ല വേണു പന്ത് കളിച്ചുകൊണ്ടിരുന്നില്ല വേണു പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു വേണു പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്നോ വേണു പന്ത് കളിച്ചു കൊണ്ടിരിക്കില്ല വേണു പന്ത് കളിച്ചു കൊണ്ടിരിക്കില്ല വേണു പന്ത് കളിച്ചുകൊണ്ടിരുന്നോ വേണും പന്ത് കളിച്ചുകൊണ്ടിരിക്കുമോ വേണു പന്ത് കളിച്ചു വേണു പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ വേണു പന്ത് കളിച്ചു കൊണ്ടിരുന്നില്ലേ വേണു പന്ത് കളിച്ചു കൊണ്ടിരുന്നില്ലേ വേണു പന്ത് കളിച്ചുകൊണ്ടിരിക്കില്ലേ വേണു പന്ത് കളിച്ചുകൊണ്ടിരിക്കില്ലേ അവൾ സങ്കടത്തോടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ സങ്കടത്തോടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ ദേഷ്യത്തോടെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചേച്ചി സന്തോഷത്തോടെ അനിയനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചേച്ചി സന്തോഷത്തോടെ അനിയനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ ദുഃഖത്തോടെ ആ കാര്യം അറിയിച്ചു അവർ ദുഃഖത്തോടെ ആ കാര്യം അറിയിച്ചു അധ്യാപകൻ കോപത്തോടെ അവനെ നോക്കി അധ്യാപകൻ കോപത്തോടെ അവനെ നോക്കി നായകൻ സ്നേഹത്തോടെ നായികയോട് സംസാരിച്ചു സ്നേഹത്തോടെ നായികയോട് സംസാരിച്ചു അവൾ എങ്ങനെ കൂടെ നടക്കും അവൾ എങ്ങനെ തറയിൽ കൂടെ നടക്കും ആ റോഡിൽ കൂടെ ധാരാളം ബസുകൾ ഓടുന്നു ആ റോഡിൽ കൂടെ ധാരാളം ബസുകൾ ഓടുന്നു പുറകിലത്തെ വാതിലിൽ കൂടെ അവൾ ഇറങ്ങി പുറകിലത്തെ വാതിലിൽ കൂടെ അവൾ ഇറങ്ങി ജനലിൽ കൂടെ അവൾ വെളിയിലേക്ക് നോക്കി ജനലിൽ കൂടെ അവൾ വെളിയിലേക്ക് നോക്കി ിൽഡപ്പ് ഡ്രിൽ മോഡൽ കിനാവ് ചില ആളുകൾ ചില ആളുകൾ എപ്പോഴും പകൽ കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നു നൗ ഫോ ദോഡൽ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മയോട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു മകൻ മകൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു ഓരോ കാഴ്ചയെ പറ്റിയും ഓരോ കാഴ്ചയെ പറ്റിയും മകൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു എക്സിബിഷൻ മൈതാനത്തിലെ എക്സിബിഷൻ മൈതാനത്തിലെ ഓരോ കാഴ്ചയെ പറ്റിയും മകൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു ഉത്തരം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ചിരിയോടെ ചിരിയോടെ ഒരു ചെറിയ ഒരു ചെറിയ ചിരിയോടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാത്തിനും എല്ലാത്തിനും ഒരു ചെറിയ ചിരിയോടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു അവൾ അവൾ എല്ലാത്തിനും ഒരു ചെറിയ ചിരിയോടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഓർത്തുകൊണ്ടിരിക്കുമോ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുമോ വളരെ നാൾ വളരെ നാൾ അദ്ദേഹത്തിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുമോ ഇനിയും ഇനിയും വളരെ നാൾ അദ്ദേഹത്തിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുമോ നിങ്ങൾ നിങ്ങൾ ഇനിയും വളരെ നാൾ അദ്ദേഹത്തിനെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുമോ സബ്സ്റ്റിറ്റ്യൂഷൻ രാധ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു വിചാരിച്ചു കൊണ്ടിരിക്കുന്നു രാധ എന്തോ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എഴുതികൊണ്ടിരിക്കുന്നു രാധ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നു രാധ എന്തോ വായിച്ചു കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു രാധ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു രാധ എന്തോ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അവർ സിനിമ കണ്ടുകൊണ്ടിരുന്നു രസിച്ചുകൊണ്ടിരുന്നു അവർ സിനിമ രസിച്ചുകൊണ്ടിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നു അവർ സിനിമ ആസ്വദിച്ചു കൊണ്ടിരുന്നു അവർ സിനിമ നടത്തിക്കൊണ്ടിരുന്നു കുട്ടികൾ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും കുട്ടികൾ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും അപേക്ഷിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ അമ്മയോട് എന്തെങ്കിലും അപേക്ഷിച്ചു കൊണ്ടിരിക്കും ശ്രീദേവി ദേഷ്യത്തോടെ ഉത്തരം പറഞ്ഞു ശ്രീദേവി സങ്കടത്തോടെ ഉത്തരം പറഞ്ഞു കോപത്തോടെ ശ്രീദേവി കോപത്തോടെ ഉത്തരം പറഞ്ഞു ശ്രീദേവി ചിരിയോടെ ഉത്തരം പറഞ്ഞു കരച്ചിലോടെ ശ്രീദേവി കരച്ചിലോടെ ഉത്തരം പറഞ്ഞു സ്നേഹത്തോടെ ശ്രീദേവി സ്നേഹത്തോടെ ഉത്തരം പറഞ്ഞു അവൾ ൂടെ നടക്കുന്നില്ല റോഡിൽ കൂടെ അവൾ റോഡിൽ കൂടെ നടക്കുന്നില്ല മുറിയിൽ കൂടെ അവൾ മുറിയിൽ കൂടെ നടക്കുന്നില്ല കൂടെ അവൾ പുരയിടത്തിൽ കൂടെ നടക്കുന്നില്ല ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ സീത പാട്ടുപാടുന്നു സീത പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു നൗ പോളത് മോഡൽ കുട്ടികൾ നടക്കുന്നു കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അയാൾ വരുന്നു ുന്നു രാമൻ പാഠം എഴുതുന്നു രാമൻ എഴുതി കൊണ്ടിരിക്കുന്നു മോഡൽ ടു ആരോ വാതിലിൽ മുട്ടി ആരോ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു നൗ പോളത് മോഡൽ അവർ മേലധികാരിയെ ശല്യപ്പെടുത്തി അവർ മേലധികാരിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കുട്ടികൾ അപ്പോൾ ഉണ്ടു കുട്ടികൾ അപ്പോൾ ഉണ്ടുകൊണ്ടിരുന്നു അമ്മ കുഞ്ഞിനെ എടുത്തു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരുന്നു ോഡൽ ത്രീ അവർ ചിരിക്കും അവർ ചിരിച്ചുകൊണ്ടിരിക്കും നൗ ഫോ അവർ പാലു വിൽക്കും അവർ പാല് വിറ്റുകൊണ്ടിരിക്കും സുഷമയെ അവളുടെ അച്ഛൻ വഴക്കു പറയും സുഷമയെ അവളുടെ അച്ഛൻ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ ഓർമ്മിക്കും ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ ഓർമിച്ചുകൊണ്ടിരിക്കും ആ പെൺകുട്ടി വെറുതെ സംസാരിക്കും ആ പെൺകുട്ടി വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കും ഡ്രിൽ മോഡൽ വൺ നീ എന്തിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ പരീക്ഷയെപ്പറ്റി തന്നെ ആലോചിച്ചു നൗ ഫോളോ ദ മോഡൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നീ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു നീ ആരെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അന്ന് എവിടേക്ക് പോയിക്കൊണ്ടിരുന്നു മോഡൽ ടു അവൾ എപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമോ ഇല്ല ചിലപ്പോൾ മാത്രം സാധാരണ അവൾ സിനിമാ പാട്ട് പാടിക്കൊണ്ടിരിക്കും നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ എന്നും ഈ സമയം എഴുതിക്കൊണ്ടിരിക്കുമോ അവർ എപ്പോഴും മേലധികാരിയെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുമോ എന്നും പത്തുമണി മുതൽ പതിനൊന്ന് മണിവരെ അദ്ദേഹം അവളോട് ഫോണിൽ സംസാരിച്ചു നീ എപ്പോഴും നിന്റെ വീട്ടുകാരെ പറ്റി ആലോചിച്ചു എന്നും ഈ സമയം നിന്റെ കുട്ടികൾ കളിച്ചു